ആദമിന്റെ സന്തതികളിൽ നിന്നും നൂഹ് അലിഹ്സ്സലാമിനോടൊപ്പം ഞങ്ങൾ കൊണ്ടുപോയവരിൽ നിന്നും ഇബ്രാഹിം അലിഹിസ്ലാമിന്റെയും ഇസ്രായേൽ അലിഹിസ്ലാമിൻറെയും സന്തതികളിൽ നിന്നും ഞങ്ങൾ സന്മാർഗത്തിലാക്കുകയും തിരഞ്ഞെടുക്കുകയും ചെയ്തവരിൽ നിന്നും അള്ളാഹുസുബാനഹുഅത്തായാല അനുഗ്രഹിച്ച പ്രവാചകന്മാരായിരുന്നു അവർ പരമകാരുണികനായ അള്ളാഹു സുബഹാനഹുഅത്തായാലായുടെ വചനങ്ങൾ അവർക്കോതിക്കേൾപ്പിക്കപ്പെട്ടാൽ അവർ സാഷ്ടാംഗം വീണ് കരയുന്നവരായി മാറും